പ്രത്യേകാത്മാവിന് അനാത്മാധ്യാസത്തിൽ വിരോധമൊന്നുമില്ല എന്തുകൊണ്ട് അപ്രത്യക്ഷമായാലും അവിടെ അധ്യാസം നടക്കാം തമേതമേവൻ ലക്ഷണാധ്യാസം പണ്ഡിതാവിദ്യമന്യന്റെ ഈ രൂപത്തിലുള്ള മുമ്പ് പറഞ്ഞ ലക്ഷണത്തോടു കൂടി അധ്യാസത്തിന് പണ്ഡിതന്മാരെന്തു പറയുന്നത് അവിദ്യ അതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അധ്യാസം തന്നെയാണ് വിദ്യസ്വരൂപ അവധാരണം വിദ്യ അതിന്റെ വിവേകത്തിലൂടെ വസ്തു സ്വരൂപാത്മ സ്വരൂപത്തിന്റെ അവധാരണം വിദ്യ അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് വസ്തു സ്വരൂപ നിശ്ചയമാണ് വിദ്യ അപ്പൊ നിശ്ചയം എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കും മനസ്സൽ അപ്പോ വിദ്യ ആത്മജ്ഞാനം ആത്മാനുഭൂതി എന്നൊക്കെ പറയുന്നൊക്കെ എന്താണ് നിശ്ചയാത്മകമായ അറിവാണ് ആത്മാവിനെ കുറിച്ച് നിശ്ചയമായ അറിവെന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് പറഞ്ഞ സംശയവര്യങ്ങളൊന്നും ഇല്ലാത്ത നിശ്ചയമായ ജ്ഞാനം അതിനാണ് അഹംബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അതാണ് വിദ്യ അത്രയും സതി എത്രയേതാസ തത്കൃതേന ദോഷേണ ഗുണേനവ അണുമാത്രേണാഭിസാന സമ്പദ്ധ്യതയെ ഇങ്ങനെ എത്രയേത് അധ്യാസ ഏതൊരാത്മാവിനാണോ അധ്യാസം സംഭവിക്കുന്നത് തത്കൃതേന ഗുണേന ദോഷേനോ ഗുണേനവാ അധ്യാസം കൊണ്ടുവരുന്ന ദോഷം കൊണ്ടോ ഗുണം കൊണ്ടോ അണുമാത്രേണ് വിദേശം പോലും സമ്പത്തിരി ആത്മാവിന് ബന്ധമില്ല അധ്യാസം ഇവിടെ നടന്നു വിചാരിച്ച ആത്മാവിന് ദോഷൊന്നും എന്താ അതാണ് അതിന് നിത്യശുദ്ധം നിത്യമുക്തം നിത്യബുദ്ധം പറയുന്നത് തമേദം അവിദ്യഖ്യം ആത്മാത്മനോനെതിരാതിര അധ്യാസം പുരസ്കൃത്യ ലൗകികം ഈ പറഞ്ഞതായ അവിദ്യഖ്യം ആത്മാത്മനോനെതിരേതര അധ്യാസം അവിദ്യ എന്ന് പറയുന്ന അധ്യാസ കാരണം ഇവിടെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് എന്താണ് വിദ്യ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് അധ്യാസം തന്നെയാണ് അതേപക്ഷെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം അധ്യാസം വേറെയാണ് അവിദ്യ വേറെയാണെന്ന് കരുതുന്നവരുമുണ്ട് പക്ഷെ ഭാഷകാരൻ ഇവിടെ ഇങ്ങനെയാ പറയുന്നത് മറ്റു പല സ്ഥലങ്ങളിലും ഭാഷ്യങ്ങൾ വെച്ചുകൊണ്ട് തിരിച്ചും പറയും എന്തായാലും ഇവിടെ അധ്യാസ ഭാഷ്യത്തിൽ ഭാഷകാരം പറയുന്നത് എന്താണ് തന്നെയാണ് വിദ്യ തന്നെയാണ് അഭ്യാസം മാറ്റുന്നത് ഭാഷത്തിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്ത് അഭിപ്രായം മാറും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ അതങ്ങനെ ഒരുപാട് എഴുതി എഴുതി എഴുതി എഴുതി എന്തു സംഭവിക്കും ഏ ആദ്യം ഇരിക്കുന്ന ആദ്യം എഴുതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോകും ഓരോരോ സന്ദർഭം അനുസരിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചു വരുമ്പം പഴയതന്നെ വിട്ടുപോകും അതുകൊണ്ട് അങ്ങനെയൊക്കെ വരാം അപ്പം ചിലടത്ത് വരുമ്പം ബ്രഹ്മസൂത്രത്തിൽ തന്നെ മുമ്പോട്ടൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ ചെല്ലുമ്പോൾ അധ്യാസം വേറെ അവിദ്യ വേറെയാണെന്ന് തോന്നുന്നു അവിദ്യാശക്തിയാണ് ഈ ജഗത്തിനൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് ആ വ്യത്യാസം ഇങ്ങനെയാണ് വിദ്യാശക്തി ജഗത്തിനേക്കുണ്ടാക്കി കാണിക്കുന്നു അവിദ്യാശക്തി ശരീരത്തെ ഉണ്ടാക്കുന്നു എല്ലാത്തിനും ഉണ്ടാക്കുന്നു അങ്ങനെ അവിദ്യാശക്തി ശരീരത്തെ ഉണ്ടാക്കുമ്പോൾ അവിടെ ചൈതന്യത്തിനും ശരീരവുമായിട്ട് വരുന്ന താതാത്മ്യത്തിന് എന്ന് പറയും അവിദ്യ എന്ന് പറയുന്നത് എന്താണ് ശരീരത്തെ ാണ് അധ്യാസം എന്ന് പറയുന്നത് എന്താണ് ശരീര താതാമ്യമാണ് എന്ന് വേതിരിച്ചു അപ്പൊ അധ്യാസം തന്നെയാണ് ആരോപം അധ്യാസം കൊണ്ട് തന്നെയാണ് ശരീരം ശരീരത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് തന്നെ അധ്യാസമാണ് അപ്പൊ വേറെ ശരീരത്തെ ആരോപിച്ചിട്ട് അതിൽ താതമ്യപ്പെടേണ്ട കാര്യമില്ല ശരീരാനുഭവം തന്നെ എന്താണ് അത് തന്നെ ഒരു ആരോപമാണ് അപ്പൊ പിന്നെ വേറെ ഒരു ആരോപണത്തിന്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ അധ്യാസൈദ്യായി അധ്യാസവൈദ്യന്തായി ദ്ധ്യാസമാണെന്തോ ശരീരത്തെ ഇങ്ങനെ അനുഭവപ്പെടുത്തുന്നത് അധ്യാസം തന്നെയാണെന്ത് ആരോപം അപ്പൊ ആരോപത്തിലാണെന്തുള്ളത് ശരീരമുള്ളത് അപ്പൊ ശരീരത്തെ ആരോപിച്ചിട്ട് പിന്നെ അധ്യസിക്കല്ല ശരീരത്തെ ആരോപിച്ചിട്ട് അധ്യസിക്കുന്നത് ആരോപം കൊണ്ടാണ് ശരീരം ഉണ്ടാകുന്നത് ശരീരം ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നു ീ ശരീരം എന്ന് പറയുന്നത് കല്പിതമാണ് എങ്ങനെയാണോ രജുവിലെ സർപ്പം എന്ന് പറയുന്നത് കല്പിതമായിരിക്കുന്നത് അപ്പോ രജുവിലെ സർപ്പം എന്ന് പറയുന്ന ഒരു ആരോപം കൊണ്ട് സിദ്ധമാകുന്നതാണ് രജുവിൽ ആരോപിക്കാണ് എന്തിനാ സർപ്പത്തെ അപ്പോ ആരോപത്തിൽ സിദ്ധമാണെന്ത് സർപ്പം ആരോപത്തേണെന്ന് പറയുന്ന അധ്യാസം അതുപോലെ ബ്രഹ്മത്തിൽ സിദ്ധമായ ഒന്നാണ് എന്ത് ശരീര അപ്പോ ആ ആരോപം തന്നെയാണ് എന്ത് അധ്യാസം അപ്പൊ അധ്യാസത്തിനപ്പുറം ശരീരത്തിന് ഒരു നിലനിൽപ്പില്ല ഇത് അധ്യാസ രൂപത്തിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ശരീരത്തിന് വേണ്ടി വേറൊരു അവധിയുടെ ആവശ്യം ഇല്ല അപ്പൊ ശരീരം എന്ന് പറയുന്നത് എന്തായാലും ഒരു ഭ്രാന്തകൽപ്പനയാണ് അസത്യമല്ല ആരോപസിദ്ധമായ ഒരു വസ്തുവാണ് രജ്ജുവില സർപ്പം പോലെ തന്നെയാണ് പിന്നെ വ്യത്യാസം ഇത്രേയുള്ളൂ രജ്ജുവില സർപ്പം എന്ന് പറയുന്നത് വ്യാവഹാരികമായ ഈ പ്രപഞ്ചത്തിലെ ഒരു കല്പന പിന്നെ ശരീരം എന്ന് പറയുന്നത് ഈ വ്യവഹാരം തന്നെ ഒരു കല്പനയാണ് ഈ വ്യവഹാരം തന്നെ അനാദി വ്യവഹാരം എന്ന് ആ കല്പനയുടെ ഭാഗമായി വരുന്നാണ് ശരീരം ഈ അനാദി വ്യവഹാരം എന്ന് സംഭവിക്കുന്നു ്രഹ്മത്തിൽ സംഭവിക്കുന്നു അപ്പൊ അനാദി വ്യവഹാരം കല്പിതമാണ് അനാദിയായി ശരീര പ്രവാഹം കൽപ്പിതമാണ് അനാദിയായി പ്രപഞ്ചം കൽപിതമാണ് ഇതെല്ലാം കൽപ്പനയിൽ നിൽക്കുന്നതാണ് ഏതുപോലെ സ്വപ്നം പോലെ സ്വപ്നം പോലെ സ്വപ്നം എന്തുവരുന്നു കല്പന കൊണ്ട് നിൽക്കുന്നതാണ് അതിലെല്ലാം കൽപ്പിക്കാൻ ആദി സ്വപ്ന അനാദി കല്പിക്കാം അനാദി ശരീരത്തെ കല്പിക്കാം അതുപോലെ ഒരു കല്പനയാണെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചവും അതുപോലെ കൽപ്പനയാവും ശരീരവും കൽപ്പനയാവും അപ്പം ഇത് തന്നെയാണ് അധ്യാസം സ്വപ്നം പോലെ ഇനി വേറിട്ടൊരു വിദ്യയുടെ ആവശ്യം ഇല്ല അങ്ങനെ ഇതൊക്കെ എന്റെ വ്യാഖ്യാനങ്ങളാണ് ദ്വിധത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് വിദ്യാഖ്യം ആത്മാനോത്മനോ ഇതരേതര അത്യാസം അവിദ്യ എന്ന് പറയുന്ന ആത്മാവിന്റെയും അനാത്മാവിന്റെയും ഇതരേതര അധ്യാസം എതിരേതര അധ്യാസം എന്ന് ഭാഷകാലം പറയുന്നുണ്ടെങ്കിൽ ഇതരേതര അധ്യാസം സാധിക്കില്ല എന്തുകൊണ്ട് ആത്മാവിന് ശരീരത്തിൽ അദ്ധ്യസിച്ചാൽ എന്തുവരും ആത്മാവ് മിഥ്യയാവും ശരീരത്തെ ആത്മാവിനെ അധ്യസിച്ചു കഴിഞ്ഞാൽ ശരീരം മിഥ്യാവും രണ്ടും ആയി കഴിഞ്ഞാൽ ശൂന്യവാദം വരും അതുകൊണ്ട് ഇതരേതര അധ്യാസം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാകണം ആത്മസംസർഗത്തെ ശരീരം എവിടെ ഉദ്ധ്യസിക്കുന്നു പിന്നെ ആത്മസംസർഗത്തെ ശരീരത്തിൽ ശരീരത്തെ ശരീരത്തിന്റെ സ്വരൂപ അധ്യാസമാണ് ആത്മാവിന്റെ സംസർഗം ഇത് ഭാഷകാരൻ പറയുന്ന കാര്യമില്ല വ്യാഖ്യാതാക്കൾ കണ്ടെത്തിയ കാര്യമാണ് ആത്മാത്മനോ ഇതരേതൊരു അധ്യാസം പുരസ്കൃതി ഇതിനെ മുൻനിർത്തിയാണ് സർവേ എല്ലാ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ പ്രമാണങ്ങൾ ഉപയോഗിച്ച് പ്രമേയ ജ്ഞാനം നേടുക ഇതൊക്കെയാണ് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ ലൗകിക വൈദികാസ്ത പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതും സ്വർഗകാമോ യജേത എന്ന് തുടങ്ങിയ വിധിക്കനുസരിച്ച് യാഗങ്ങൾ ചെയ്യുന്നതല്ല പ്രവർത്തക പഴയകാലത്തിന് രണ്ടിനും എങ്ങനെയാണ് ലൗകിക വ്യവഹാരം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുക മറ്റ് പ്രവൃത്തികൾ ഇതെല്ലാം അതുപോലെ പ്രാധാന്യം ഉണ്ടായിരുന്നു ഏതിനും വൈദിക വ്യവഹാരത്തിൽ യാഗാദികൾക്ക് പഴയകാലത്ത് രണ്ടിനും പ്രാധാന്യം വരുന്നു വൈദിക പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല ആക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന എന്താണ് ഹോമം പൂജയും ഇന്നത്തെ പരിഷ്കരിച്ച ഹോമം പൂജയാണ് ഇതല്ല ശരിക്കും വൈദികം എന്ന് പറയുന്നത് എന്താണ് അഗ്നിഹോത്രം പോലെയുള്ള ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ ലോകിയും വൈദികാശ പ്രവൃത്താഹിച്ച ആരംഭിച്ചിരിക്കുന്നു സർവാണിജാസ്ത്രങ്ങളും ഒന്ന് വിധി പ്രതിഷേധ ശാസ്ത്രം അതേതാണ് പൂർവകാന്ഡം അതാണ് വിധി പ്രതിഷേധ ശാസ്ത്രം മോക്ഷപരമെന്ന് പറയുന്നത് ഏതാണ് പിന്നെ അതിനനുബന്ധമായി വരുന്ന മറ്റ് ശാസ്ത്രങ്ങളും ഇതെല്ലാം എന്താണ് അഭ്യാസം കൊണ്ട് സംഭവിക്കുന്നത് അഭ്യാസം കൊണ്ടാണിത് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ അദ്വൈതികൾ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് ഒന്ന് വൈദികമായ പ്രവൃത്തികൾ മറ്റൊന്ന് ലൗകികമായ പ്രവർത്തികൾ രണ്ടിനും ഒരേ പ്രാധാന്യം കൊടുത്തിട്ട് വൈദികത്തിനെ കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് ഇപ്പോൾ ഭാഷകാര ഈ വൈദികർക്ക് വൈദികർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും ഭാഷക്കാർ വൈദിക പ്രവൃത്തികളും പിന്നെ ലൗകിക പ്രവൃത്തികളും അതെന്തുകൊണ്ടാണ് അങ്ങനെ വൈദികത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആണ് കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു അപ്പോ ഈ അദ്വൈത ശാസ്ത്രം പോലും ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രധാനമായിട്ടും ബ്രാഹ്മണരെ ഉദ്ദേശിച്ചിട്ടാണ് കാരണം ഈ പറയുന്ന ലൗകിക വൈദിക പ്രവൃത്തികൾ എല്ലാം ആരംഭിച്ചിരിക്കുന്നത് ഈ ശാസ്ത്രങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ശാസ്ത്രങ്ങൾ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നവരാണ് മറ്റുള്ളവർക്ക് വളരെ കുറച്ച് അപ്പോൾ അതിൽ പറയുന്ന വൈദികമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആർക്കാണ് അവർക്കെന്താ പ്രയോജനം ആയിട്ട് പൈസ കിട്ടും ഇനി ആ കർമ്മം തെജിച്ചു കഴിഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞ എന്റെ പ്രയോജന ആർക്കാണ് കർമ്മത്തെ ക്ഷയിച്ച് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രയോജന ആർക്കാണ് എന്തുകൊണ്ട് ഏ ഉപേക്ഷിച്ചവർക്ക് എന്താ പറയുക സന്യാസികൾ എന്താ പറയുക മോക്ഷമെന്ന് പറയുന്ന പിന്നീടുള്ള കാര്യ ആൾക്കറിയാൻ മോക്ഷം കിട്ടും എന്റെ അതായത് വൈദികമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ദക്ഷിണം കൊണ്ട് ജീവിക്കാം അവരുടെ ജീവിതം അസുഖകരമാവും ഇനി സന്യാസമായി കഴിഞ്ഞാൽ എന്തുവരുന്നു കൂടെ പണിയും ചെയ്യാതെ നാട്ടുകാരുടെ ചെലവിന് സുഖമായിട്ട് ജീവിക്കാം ഒരു പണിയും ചെയ്യണ്ട വൈദികന്മാര് കണ്ടുപിടിച്ച ഈ പുരട്ടു ബുദ്ധികൾ ഈ കുറുക്കന്റെ ബുദ്ധി ശൂദ്രന്മാരും ഇതൊക്കെ എന്ത് ചെയ്തു അവരെ അടിച്ചു മാറ്റി അവരെ കുറ്റം പറഞ്ഞിട്ട് അപ്പൊ ഇത് ശൂദ്രന്മാരും എന്ത് ചെയ്യുന്നു ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നു പറയുമ്പോ ശങ്കരാചാര്യരോട് വലിയ ദേഷ്യം തോന്നുന്നു എങ്കിലും ഫലത്തില് എന്താണ് എല്ലാരും അതുകൊണ്ട് തന്നെ ജീവിക്കുന്നത് പിന്നെ വ്യത്യാസമുണ്ട് എന്താണ് ഇന്ന് വന്നപ്പോ സന്യാസിയൊക്കെ ആയാലും എന്തെങ്കിലും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റും പണിയെടുക്കാതെ ജീവിക്കാൻ പ്രയാസം കാരണം അന്നത്തെ അന്നത്തെ സാമൂഹ്യ ചാദർ വ്യവസ്ഥ വർണ്ണ സന്യാസിയായങ്ങ് ഇറങ്ങിയാ മതി പിന്നെ വെല്ല എല്ലാ ചെലവ്മാർ നോക്കിക്കോളും സംഭവം നോക്കിക്കോളും ഇന്ന് സന്യാസിയായ ഇറങ്ങിയാ പോരാ പിന്നെ എന്താണ് ചെലവിനുള്ള ചെലവിന് കാശിനു വേണ്ടിട്ട് ആൾക്കാരെ സംഘടിപ്പിക്കണം ഓടിയാണെന്ന് സംഘടിപ്പിക്കണം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊരു അതാണ് ഇന്ന് സംഘാടകരാകുന്നു പണ്ടങ്ങനെ ലാരി സംഘടിപ്പിക്കുന്നുണ്ട് അവർക്ക് ഇറങ്ങേ കൊണ്ടു കടക്കും പാലും പഴവും കേട്ട് കുറകേ പോകും സ്വാമിയുടെ ഇന്നങ്ങനല്ല സ്വാമി പോയി എന്തു ചെയ്യണം ഏഹ് സ്വാമിയെ പോയി മതപ്രഭാഷണം നടത്തിയ ആൾക്കാരെയൊക്കെ ബോധവത്കരിച്ച് അവരെ കൊണ്ട് പാലും പഴവും കേട്ട് കൂടാടത്തേക്കിനും അപ്പൊ ഇന്ന് പഴയതുപോലെ പറ്റത്തില്ല ഇന്ന് സന്യാസിക്കും പണിയുണ്ട് ഇപ്പോൾ പഴയകാലത്ത് ഈ പുരോഹിതന്മാർ അവരുടെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് അവരുടെ ജീവിതം സുഖമാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഇന്ന് ആർക്കും ഉപകരിക്കുന്നു സൂദ്രന്മാർക്കുപകരിക്കുന്നു അവരും ജീവിക്കുന്നു പക്ഷെ ജോദരന്മാരിതൊന്നും മനസിലാകാതെ എന്തോ ഭയങ്കര കൂടിയ സംഭവങ്ങളാണെന്നും പറഞ്ഞാണ് പ്രഭാഷണം കണ്ടെത്തുന്നത് ഞങ്ങൾക്കെന്തോ പ്രത്യേക അധികാരവകാശങ്ങളുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടവരാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇറങ്ങിയവരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക ഒരു വിശേഷ അധികാര അവകാശങ്ങളൊക്കെ ഉള്ളവരൊന്നു ഭാവിച്ചിട്ടാണെന്ന് ശുദ്രന്മാർ സന്യാസിമാരും ബ്രാഹ്മണ സന്യാസിമാരും ഒക്കെ കഴിയുന്നു വാസ്തവത്തിൽ ആർക്കും പ്രത്യേകിച്ച് വിശേഷമായൊരു അധികാര അവകാശമൊന്നുമില്ല അവര് വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നു ആൾക്കാരെയൊക്കെ പറ്റിക്കുന്ന ഈ വേഷമൊക്കെ കട്ടിട്ട് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുന്ന എന്താണ് ഞങ്ങൾ എന്തോ ദിവ്യന്മാരാണ് എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടുദ്ധിയുള്ള ആൾക്കാർ കൊണ്ട് ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ യാതൊരു സംശയമില്ല ഇപ്പൊ കുംഭം വേണമെന്നും പറഞ്ഞ ആൾക്കാർ അവിടെ പോയി കിടന്ന് കുളിക്കുന്നു കുറെ പേര് ചത്ത് ഇതെന്തിനാണ് ചെളി വെള്ളത്തിൽ പോയി കിടന്ന് കുളിക്കുന്നു ആൾക്കുവെള്ളം ചെളി വെള്ളം മനുഷ്യന്റെ വിസർജ്യം ഒരുപാട് കളർന്നിരിക്കുന്നതുകൊണ്ട് അതിന് പോളിഫോം ബാക്ടീരിയുണ്ട് അത് നല്ല വെള്ളമല്ലെന്ന് പറഞ്ഞു യമിനെ ജലമാണെങ്കിൽ അങ്ങേറ്റം മലിനമാണ് അത് ഇതിനോട് ചേർന്ന് കങ്ങിനോട് ചേർന്ന് കങ്ങ് കൊറേയൊക്കെ ശുദ്ധിയാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ മലിനമായ ജനം അവിടെ ഇപ്പൊ മുപ്പത് കോടി കുളിച്ചു കളന്നു ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങളിൽ മുപ്പത് കോടി അവിടെ കൊണ്ടുവന്ന് മുക്കി ആരാമുക്കിയത് ഏ ആരാക്കിയത് ഈ മുപ്പത് കോടി യോഗ്യ എന്ത് പറയാൻ പറ്റും യോഗിയൊക്കെ അതിന്റെ ഒരു ഇര മാത്രമാണ് യോഗിയും മോഡിയൊക്കെ ഇതിന്റെ ഒരു ഇരയാ പുരോഹിതര്യാസായിരിക്കുന്ന പുരോഹിതന്മാരെ ഇവരൊക്കെ അതിന്റെ ഇരകളാണ് ഇന്ന് പോയി കഞ്ചാവം കൊണ്ട് കടക്കുന്നതും മടിയും കൊണ്ട് കടക്കുന്നതും യോഗിയായാലും മോടിയായാലും ഇവരൊക്കെ ആരുടെ ഇരകൾ പുരോ മരുന്നുണ്ട് അവർ കണ്ട് എഴുതി വെച്ച് പുരാണങ്ങളിലും അവിടെ ഇവിടെ എഴുതി വെച്ച് പാലാഴി കടഞ്ഞെന്നും അത് ഈ നമൃതം വന്നെന്നും എവിടെയായി പാലാഴി ഭൂമി ഇന്നിപ്പം ഭൂമിശാസ്ത്രം എല്ലാവർക്കും അറിയാമല്ലോ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പാലാഴി ഉണ്ടോ എവിടെയെങ്കിലും ഇട്ട് കടഞ്ഞുമോ കടഞ്ഞെവിടെന്നെങ്കിൽ ഈ അമൃതം വന്നിട്ടുണ്ടോ വാസിക ഇവിടെ അസുരന്മാരായ ദേവന്മാരായ എന്നിട്ട് ഈ അമൃത കരശികളത്തുകൊണ്ട് പറന്നെന്ന് പറയുന്നു ആര് പറന്ന് അതിന്ന് അമൃതം വീണെന്ന് പറഞ്ഞു ഏതാ അമൃതം മൊത്തം എന്താണ് നല്ല ഭാവനാര ഭാവന കവികൾ എഴുതി വെച്ചാണ് അത് എഴുതി വെച്ചപ്പോ അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് അതിനു വേണ്ടി എന്താണ് പൗരോഹിത്യ ഭാവനയുടെ ഇരകളായി മാറിയവരാണ് അവര് മോഡിയും യോഗിയെ പോലെയുള്ള ആൾക്കാരല്ല അവര് അതൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും അവരൊക്കെ വിശ്വാസികളാണ് വിശ്വസിച്ചിട്ട് അവിടെ പോയി ആൾക്കാരോട് പറയും നിങ്ങൾ അവിടെ പോയി കുളിക്കും കുളിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും അപ്പൊ അവിടെ കുളിച്ചാൽ കിട്ടുന്ന തോന്നുന്നു എന്താണ് പുരോഹിതന്മാർ പണ്ടത് ചെയ്തെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക സ്ഥലം അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടെ കുളിച്ചാലാണ് മോട്ടോന്ന് പറയും അവിടെ ചെന്ന് കുളിച്ചു കഴിയുമ്പോൾ കുളിക്കുന്നവൻ ചെയ്യവന് അവിടെ പൂജ കൊടുക്കാൻ വേണ്ടിട്ട് അവർ ദക്ഷിണമോ ഇപ്പോഴങ്ങനെയൊക്കെ ഉള്ളു ആൾക്കാർ അവിടെ ചെന്ന് മരിക്കുവാനും അവിടെ ചെന്നിട്ട് വാഴെടുത്ത് കടാര വെച്ച് കുത്തിയും വാടെടുത്ത് കഴുത്ത് വെട്ടിയും കോടാലി കൊണ്ട് കഴുത്തും മുറിച്ചു ആൾക്കാർ മരിക്കുമായിരുന്നു എന്തുകൊണ്ട് അവിടെ ചെന്ന് മരിച്ചാൽ മോശം കിട്ടുന്ന പിന്നെ നേരത്തെ അങ്ങ് മരിച്ചേക്കാം ഏഹ് അത് കാശിയിൽ ആയിരത്തി എണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഓർഡർ ഇറക്കിയതാണ് അവിടെ പോയിട്ട് ഇങ്ങനെ ആരും മരിക്കരുത് മരിക്കുന്ന കുറ്റകരമാണെന്ന് പറഞ്ഞു എന്നിട്ടും ആൾക്കാർ മരിച്ചു ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടാണ് ഇതിനെ കുറച്ച് മാറ്റം മതി ഇത് മുഴുവൻ ചെയ്താലും പുരോഹിതന്മാരുടെയാണ് വയസ്സാമോ കുറെ പേരൊക്കെ അവിടെ പോയി മരിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് കുടേ മുക്തി ദാമുണ്ട് വയസ്സായ ആൾക്കാരൊക്കെ വന്ന് താമസിച്ച് മരിക്കാനുള്ളത് അത് ബ്രാഹ്മണർക്ക് വേണ്ടിട്ടുള്ളതാണ് അപ്പോ എന്താണ് പഴയകാലത്ത് നല്ല ആരോഗ്യമുള്ള മനുഷ്യർ അവിടെ പോയി മരിച്ചിരുന്നു വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് തലയ്ക്കകത്ത് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ എന്തു ചെയ്യും ഈ വിശ്വാസത്തിന്റെ ലഹരിയുമായിട്ടൊക്കെ ജീവിച്ചോളൂ അതിൽ തന്നെ മരിച്ചു അതാണ് വൈദികവും ലൗകികവുമായ കർമ്മങ്ങളെന്നിവിടെ പറയുന്നത് വിധി പ്രതിഷേധ മോക്ഷപരാണ് വിധിപരം പ്രതിഷേധപരം മോക്ഷപരം ശാസ്ത്രം മോക്ഷപരമെന്ന് പറഞ്ഞ ശാസ്ത്രം എന്താണ് വിധി തന്നെ ശാസ്ത്രജ്ഞ എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ പോയി കുളിച്ചാൽ മോക്ഷം കൂട്ടുകൊളിച്ചാൽ മോക്ഷം കൂട്ടുക അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നു ശാസ്ത്രജ്ഞ പറഞ്ഞിരിക്കുകയാണ് ശാസ്ത്രജ്ഞ പറഞ്ഞാൽ മോക്ഷം ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് അവിടെ പോയി കുളിക്കുന്നു കുളിക്കുമ്പോൾ ചിലപ്പോൾ ചത്തുപോയി ചത്തുപോയാലും മോക്ഷം തന്നെ ആൾക്കാർക്ക് പരാതിയില്ല കഥം പുനൊരു അവിദ്യാണ് പ്രത്യക്ഷാദീന് പ്രമാണാന് ശാസ്ത്രീ പ്രത്യക്ഷ പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ അവിദ്യ ഉള്ളവനാശ്രച്ചിരിക്കുന്ന പറയുന്ന എങ്ങനെ ഉച്ചദേഹേന്ദ്രിയഹം മമ അഭിമാനരഹിത പ്രമാതൃത്വ അനുഭവ പ്രമാണ പ്രവൃത്തി അനുഭവത്തെ ശരിയാണ് ദേഹം ഇന്ദ്രിയം ഇവകളിൽ അഹം ും മമാഭിമാനവും ഇല്ലാത്തവന് പ്രമാതൃത്വം അവനിൽ പ്രമാതൃത്വം എന്ന് പറയുന്നത് ഇല്ല അവൻ കേവലമായ ആത്മാവാണ് അതുകൊണ്ട് പ്രമാണ പ്രവൃത്തി അനുഭവത്തെ അവനില് പ്രമാണങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല ശാസ്ത്രം അവന് പ്രമാണമല്ല ഇവിടെ ഗുരു പറഞ്ഞതായിട്ട് പ്രമാണമല്ലാന്ന് പറഞ്ഞാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഭിമാനം ഇല്ലാത്തവനും പ്രമാണം അവന് പ്രവർത്തിക്കുന്നില്ല പ്രമാണത്തെ അവന് പ്രമാണമൊന്നുമല്ല ഇപ്പൊ പ്രമാണമനുസരിച്ച് അവന് വേണ്ടിയിട്ട് വിധിയും നിഷേധമൊന്നും പാലിക്കേണ്ട കാര്യമില്ല അതനുസരിച്ചുള്ളതൊന്നും പ്രവർത്തിക്കുന്നില്ല അപ്പോ വിഹിതമായ കർമ്മങ്ങൾ ചെയ്യുക നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അതൊന്നും അവന് ബാധമല്ല അത് ഒരു കണക്കിന് ശരിയാണ് എന്താണ് ഒരാൾക്ക് ശരിക്കും തന്നെ കുറിച്ചുള്ള ബോധം ഉണ്ടായി വരുമ്പം അവൻ ഈ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടിയും പ്രവർത്തിക്കേണ്ടിയും കാര്യൊന്നുമില്ല അവൻ്റെ ശരി തെറ്റുകൾ എന്താണെന്നുള്ള സ്വയം ബോധ്യപ്പെടും അവന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവന് സ്വയം തീരുമാനിക്കാൻ പറ്റും എങ്ങനെ അവൻ തീരുമാനിക്കും തനിക്ക് തോന്നിയത് ശരി തനിക്ക് തെറ്റെന്ന് തോന്നുന്ന തെറ്റാ അങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ് അങ്ങനെയല്ല പിന്നെന്താണ് അവന് സമൂഹത്തെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ടാവും നല്ല കാഴ്ചപ്പാടുണ്ടാവും തന്നെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവും അപ്പൊ തന്റെ ജീവിതവും സമൂഹ ജീവിതവും തന്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് ഒരു ദോഷം വരാതെയും സമൂഹത്തിന് താനായിട്ടൊരു ഉപദ്രവം ചെയ്യാതെയും എന്താണ് സമൂഹത്തിലെ നന്മകൾക്കോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരുത്തൻ ജീവിക്കുന്നു അതാണ് അല്ല എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും ഞാൻ കേമനാണ് ഞാൻ എന്താണ് മറ്റെന്താണെന്നൊക്കെ തിരിച്ച് ഭ്രമിച്ച് പ്രവർത്തിക്കുന്ന എന്താണ് പിന്നെ തന്നെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് എന്താണ് എന്താണ് തന്നെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് എന്താണ് തന്റെ വിവരത്തെ കുറിച്ചും തന്റെ വിവരക്കേടിനെ കുറിച്ചും അറിയുക തന്റെ നന്മയെ കുറിച്ചും തന്റെ തിന്മയെ കുറിച്ചും അറിയുക തന്റെ പരാജയത്തെ കുറിച്ചും തന്റെ ജയത്തെക്കുറിച്ചും അറിയുക തൻറെ കഴിവിനെ കുറിച്ചും തൻ്റെ കഴിവ് കേടുകളെ കുറിച്ചും അറിയുക ഇതാണ് തന്നെ കുറിച്ചുള്ള ബോധം മനസ്സിലായോ അപ്പോ അതിന്റെ തന്നിലുള്ള നന്മയുടെ വശത്തെ അറിയുന്നതുപോലെ തന്നെ തന്നിലുള്ള തിന്മയുടെ വശത്തെ അറിയണം അത് മനസ്സിലാക്കിയതിന് ശേഷം അത് മനസ്സിലാക്കാതെ ഈ പറയുന്നവരെ എന്താണ് താൻ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെന്തോ പ്രത്യേക ശക്തി ഉണ്ടെന്നും താനെന്തോ വലിയ സംഭവമാണെന്നും സ്വയം വിചാരിച്ചിട്ട് ആവശ്യമില്ലാതെ ആൾക്കാരെയൊക്കെ പോയി വാന്തിയും ചുരണ്ടിയൊക്കെ ചെയ്ത് ആൾക്കാരെ തന്നു വാങ്ങിക്കും അങ്ങനെയല്ല തന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് തന്നുള്ള പോരായ്മകളും തന്നുള്ള നന്മകളും മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്യണം ആ പോരായ്മയെ മനസ്സിലാക്കി അത് സമൂഹത്തിന് ദോഷം ചെയ്യാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം നന്മയെ മനസ്സിലാക്കിയിട്ട് അത് സമൂഹത്തിന് ഗുണം വരുന്ന രീതിയിൽ അതിനെ പ്രയോഗിക്കണം അങ്ങനെ സമൂഹത്തിൽ എന്താണ് പൊരുത്തപ്പെട്ട് നന്മയെ കൈമാറ്റം ചെയ്ത് ജീവിക്കുന്നതാണ് സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അവൻ സ്വയം തന്നെ സ്വതന്ത്രനായിരിക്കുന്നു പിന്നെന്തുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്നു അവനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവില്ല അതാണ് എന്റെ പ്രത്യേകത അവനാരും ഉപദ്രവിക്കുന്നില്ല മറ്റേതെന്താണോ വിദ്യാഭ്രമം കൊണ്ടാണ് എനിക്കെന്തോ പ്രത്യേക ശക്തിയും ഗുണവും കഴിവും ഒക്കെ ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ഞാൻ കുറച്ചു കൂടിയ ആളാണെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് എന്തു വരുന്നത് പ്രശ്നങ്ങൾ വരുന്നത് താൻ കൂടിയവനും അല്ല കുറഞ്ഞവനുമല്ല പിന്നെന്താണ് തന്നെ കുറിച്ച് എങ്ങനെ മനസിലാക്കണം എങ്ങനെ മനസിലാക്കണ്ട് ഏഹ് തന്നെ കുറിച്ച് നന്മയും തിന്മയും എന്താണുള്ള ഒരു മനുഷ്യനാണെന്ന് തന്നെ തിരിച്ചറിയും അങ്ങനെ നന്മയും തിന്മയും തന്റെ തിരിച്ചറിഞ്ഞു താൻ ആരായിപ്പോവും മനുഷ്യത്വം വിട്ടിട്ട് കുരങ്ങനായിപ്പോവും അപ്പോഴാണ് ചാബല്യങ്ങളൊക്കെ കാണിക്കുന്നത് അവിടെയാണ് തരം വരുന്നത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് തന്നെ എങ്ങനെ തിരിച്ചറിയണം തന്റെ എല്ലാ ഗുണങ്ങളോടും തന്റെ എല്ലാ പോരായ്മകളോടും മനസ്സിലാക്കിയിട്ട് ആ അറിവ് വെച്ചും കൊണ്ട് എന്ത് ചെയ്യണം സമൂഹത്തിൽ മറ്റുള്ളവരെ ഇടപെടണം അപ്പം മറ്റുള്ളവരെ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലാക്കുന്നതാണ് തന്നെ കുറിച്ചുള്ള ശരിയായ അറിവ് അതറിയാതെ പിന്നെ ഈ കാവ്യ കൊടുത്തുകൊണ്ടിരുന്ന സ്വാമിയായിട്ടൊക്കെ കണക്കുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല അതൊക്കെ ഓരോ കെട്ടി കിണക്കുന്നതാണ് അതൊന്നും ഒരർത്ഥമില്ല അസംബന്ധമാണ് ഇപ്പൊ പ്രത്യക്ഷാദി പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ എന്താണ് അവിദ്യയുള്ളവനാണ് പറയുന്നത് ശരിയാണ് കാരണം എന്താണ് മനുഷ്യന് പൂർണതയില്ല അവന് വിദ്യയുണ്ട് അവിദ്യയുണ്ട് അപ്പൊ അവനെന്തെങ്കിലും പ്രമാണങ്ങളെ ശരിയായി ഉപയോഗിക്കണം ശാസ്ത്രത്തെ ശരിയായ രീതി ഉപയോഗിക്കണം അതിന് മതിഭ്രഹ്മം വരാൻ പാടില്ല എന്താണ് കുറച്ച് ചെറിയ മതിഭ്രമ ഉള്ളവനാണ് ആരാകുന്നത് സ്വാമിയാവുന്നത് സ്വാമി ആയിക്കഴിയുമ്പോ എന്ത് ചെയ്യും അവന്റെ മതിഭ്രമം കൂടും കൂടിക്കഴിഞ്ഞാ അവൻ എന്താകും പരിസരവാസികൾക്ക് വലിയ ശത്യമാകും അങ്ങനെ പോയി ദേഹേന്ദ്രിയാദിഷോ അഹമ്മമാ അഭിമാന രഹിതസ്യ ദഹേന്ദ്രിയദികളിൽ അഹോന്നും മമോന്നും എന്ന് പറയുന്ന അഭിമാനം ഇല്ലാത്തവന് പ്രമാതൃത്വ അനുഭത്വവും അവരുടെ പ്രമാതൃത്വം ഇല്ല പ്രമാണപ്രവൃത്തി അനുഭവത്തെ അവരുടെ പ്രമാണ പ്രവൃത്തികളും അത് നല്ലതാണൂടെ പറയുന്നത് എന്താണ് ദേഹം ഇന്ദ്രിയ മൂഢമായ അഭിമാനങ്ങൾ വെച്ച് പ്രവർത്താന് പാടില്ല എല്ലാ അഭിമാനങ്ങളും ദേഹീന്ദ്രിയങ്ങളിൽ വരുന്നതാണ് എങ്ങനെ ഞാൻ മുല്ലിയ കഴിവുള്ളവനാണ് ഞാൻ മലയാളിയ അറിവുള്ളവനാണ് എനിക്ക് വലിയ ശേഷികളുണ്ട് ഞാൻ പറഞ്ഞ കേൾക്കുന്ന കുറെ ആൾക്കാർ ഇവിടെയുണ്ട് എനിക്ക് ഒരുപാട് അനുയായികളുണ്ട് അവരൊക്കെ എനിക്ക് വേണ്ടി മരിക്കും ഞാനൊന്ന് ആഹ്വാനം ചെയ്ത എന്ത് സംഭവിക്കും പലത് സംഭവിക്കും ഇങ്ങനെയുള്ള അഭിമാനങ്ങൾ ഇത്തരം അഭിമാനരഹിത പ്രമാതൃത്വ അനുഭവത്തി പ്രമാണ പ്രവൃത്തി അങ്ങനെ എന്തുവരുന്നു പ്രമാതൃത്വമില്ല അത് അതിൻ്റെ കുറച്ചുകൂടെ വരുന്ന സ്റ്റേജ് പറയുന്നു പ്രമാണ പ്രവൃത്തികൾ സംഭവിക്കുന്നില്ല എന്നി ഇന്ദ്രിയണ്ണി അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര ആശ്രയിക്കാതെ എന്താണോ പ്രത്യക്ഷാദി വ്യവഹാരങ്ങൾ സംഭവിക്കത്തില്ല അധിഷ്ഠാന മന്ദിര ഇന്ദ്രിയാണ് വ്യവഹാര ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളും സംഭവിക്കത്തില്ല എന്ന് വെച്ചാ അനധ്യസ്ഥാത്മഭാവേനെ ദേഹീനെ കസ്റ്റിത് വ്യാപ്രിയത ഈ ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ അധ്യാസം സംഭവിച്ചിരിക്കണം അധ്യാസം സംഭവിച്ചിരിക്കുക എന്ന് വെച്ചാൽ ഈ അറിവും ശരീരവും ഒക്കെ ഒന്നായിരുന്നു പ്രവർത്തിക്കണം ഇപ്പൊ ലോകത്തെല്ലാരും പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നു അവന്റെ അറിവും അവന്റെ ദേഹീന്ദ്രാദികളും നമ്മള് താതാത്മ്യത്തിൽ വന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവന് വിവേകപൂർവ്വം പ്രവർത്തിക്കുന്നു അതാണ് പറയുന്നത് അപ്പൊ ലോകവ്യവഹാരത്തില് ഉള്ള വിവേകമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പൊ ആ വിവേകത്തിൽ പ്രവർത്തിക്കുന്നവൻ പിന്നെ അവന് ശരിയായ ബ്രഹ്മജിജ്ഞാസ് ഉണ്ടായി പിന്നെ അവന് സംഭവിക്കുന്ന കാര്യമാണ് ആത്മാഅനാത്മാ വിവേകം എന്ന് പറയുന്ന വലിയ അറിവക്കൾ ഉണ്ടാകുന്നു പക്ഷെ അതിനു മുമ്പ് അവനെന്ത് വേണം സാധാരണ വിവേകത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള അറിവ് അവനുണ്ടാവും